Harihi രി ഓ മനോബുദ്ധ്യഹംകാരചിത്തോത്രജിഹേന ച ഘ്രാണനേത്രേ നോമഭൂമി തേജോന വാ ചിന്ദ്രൂപിഹം shivoham निर्विकल्पो रूपो व्याप्य അഹം നിർവികല്പോ നിരാ വിഭുർവ്യാപ്യേന്ദ്രി സദ മേ സമ ത്തുക്തി ബന്ധാ ചിദിവഹം ശിവോഹം നാണസോ നൈ പഞ്ചവായു നാന്നോഷഹം നക്ണിപാദം നോോപസ്തായൂചിന്ദ ശിവഹം ശിവോഹം നേ ഷരാഗ നേ ലോഭമോഹ മദോ നൈവേ നൈവത്സര്യാവഹം നമ്മോ നാർ നാമോ നോക്ഷിന്ദ ശിവോഹം ശിവോഹം ന പുണ്യം നാപം നൗഖ്യം നുഃഖം നത്രോ ന തീർത്ഥം നേദന യാഹോജനം നൈ ഭോജ്യം നോക്ത ചിദിവഹം ശിവോഹം നേ മൃത്യുശാ നേ ജാതിഭേദ പേ നൈ മാതന്മ ചിദാനന്ദ ശിവോഹം ശിവോഹം അഹം നിർവിക്കോ നിരാകാരോ വിഭു വ്യപ്യേന്ദ്രി സദാേ സമവം നന്ദ ചിദശി ലോകത്തിലെ എല്ലാ മതങ്ങളും മൂന്ന് തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ജീവൻ ജഗത്ത് ഈശ്വരൻ ആരഭ്യത ജീവജഗരാത്മ തത്വാവിധാന മതം സമസ്തം ഇതം ത്രയം യാവത് അഹമ്മതി സാത് സർവോത്തമാ അഹമ്മതിശൂന്യനിഷ്ഠ ഇതിനാണ് ത്രിപുട്ടി എന്ന് പറയ മൂന്ന് ഹരിനാമകീർത്തനം ആരംഭിക്കുമ്പോ ആദ്യത്തെ ശ്ലോകം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ഓങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണായ നമ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു ജീവനായിട്ടും ജഗത്തായിട്ടും ഈശ്വരനായിട്ടും ഒരേ വസ്തു മൂന്ന് ആയിട്ട് പിരിഞ്ഞു ഇപ്പൊ നമ്മളുടെ അനുഭവം ഞാനുണ്ട് ഞാൻ കാണുന്ന ഈ ലോകം ോകത്തിന്റെ സൃഷ്ടികർത്താവായിട്ട് ഊഹിക്കുന്ന ഈശ്വരൻ ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഈശ്വരനെ ഊഹിക്കുകയുള്ളു ഈശ്വരൻ ഉണ്ട് എവിടെ ചോദിച്ചാൽ ഓരോ മതക്കാരും ഓരോന്ന് പറയും ചിലര് ആകാശത്തിലാണ് എവിടെ വൈകുണ്ഠത്തിലാണ് കൈലാസത്തിലാണ് സ്വർഗത്തിലാണ് ആ ഈശ്വരൻ ആ ഈശ്വരനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ ലോകത്തില് ലോകത്തിലെല്ലാം ഈശ്വരനെ ഭയന്നുകൊണ്ടെന്ന പോലെ നടക്കുന്നു എന്നാണ് ഭീഷാസ്മാത് വാത്ത പവത്തെ ഭീഷോദേത്തി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ചേന്ദ്രശ്ശ മൃത്യുർധാവതി പഞ്ചമയിതി ഉപനിഷത്ത് ഭയന്നിട്ടെന്ന പോലെ സൂര്യൻ പ്രകാശിക്കുന്നു ഭയന്നിട്ടെന്ന പോലെ കാറ്റുവീശുന്നു ഭയം നിട്ടെന്ന പോലെ ലോകത്തിൽ കർമ്മങ്ങളൊക്കെ നടക്കുന്നു ഇന്നലെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു ഭയം ദ്വിതീയാഭിനിവേശതാത് ഈശാത് അപേതസ്യ വിപര്യോ സ്മൃതി ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ളത്തോളം കാലം ജഗത്ത് വേറെ മൂന്ന് ത്രിപുടി ഉള്ളത്തോളം കാലം ഭയമുണ്ടാകും ഈ ത്രിപുടി ജീവൻ ജഗത്ത് ഈശ്വരൻ ഇത് എത്ര കാലം ഉണ്ടാവും യാവത് അഹമ്മതി ഹി സ്യാദ് എന്നുള്ള അഹങ്കാരം കാലം ഞാൻ കാണുന്ന ലോകമുണ്ട് ഞാൻ ഇല്ലെങ്കിൽ ലോകത്തിനെ ആര് കാണും സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആരെങ്കിലും ലോകത്തിനെ കണ്ടുവോ ശരീരത്തിനെ കണ്ടുവോ ഇല്ല രാവിലെ എണീറ്റ ഉടനെ മനസ്സ് ഉദിച്ച ഉടനെ ഞാൻ എന്നുള്ള ജീവബോധം ഉണ്ടായി ജഗത്ത് കാണപ്പെട്ടു നമ്മളുടെ അനുഭവമാണ് അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ് സർവോത്തമ അഹമ്മതിശൂന്യനിഷ്ഠ എന്നാണ് അഹങ്കാരശൂന്യമായ നിഷ്ഠ അഹങ്കാരം ഇല്ലാതായാൽ ഇവിടെ അഖണ്ഡമായ ഒരു ബോധം അവിഛിന്നമായ ഒരു ബോധാനുഭവം മാത്രമുണ്ടാവും രണ്ടില്ലാത്തതായ ശാന്തി അവിഛിന്നമായ അൺഇന്റപ്റ്റഡ് എക്സ്പീരിയൻസ് ഓഫ് പീസ് ശാന്തി ആ ശാന്തി നമ്മളുടെ സ്വരൂപമാണ് ആ ശാന്തി തന്നെയാണ് സാക്ഷാത്കാരം ഭാഗവതത്തിൽ ഇനി പറയാൻ പോകുന്നു ഈ ഭക്തിയുടെ ഭാവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കവി എന്ന യോഗീശ്വരൻ നവയോഗി ഉപാഖ്യാനത്തിൽ അവസാനം പറയുന്നു എല്ലാ ഭാവഭക്തിയും കഴിഞ്ഞ് തത പരാം ശാന്തി മുപൈത്തി സാക്ഷാത് പരമമായ ശാന്തി കാരണം എന്താ ശാന്തി ഗ്രഡേഷൻ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസാണ് സുഖത്തിനൊക്കെ ഗ്രഡേഷനുണ്ട് ഇന്നലത്തെക്കാളും സുഖമായിരുന്നു ഇതിനേക്കാളും സുഖം വേണം ഗ്രഡേഷനുണ്ട് പക്ഷെ ശാന്തി ഗ്രഡേഷൻ ഇല്ല കാരണം എന്താ അളക്കാനുള്ള മനസ്സ് അവിടെ ഇല്ല ശാന്തി ഉള്ളപ്പോ മനസ്സുണ്ടാവില്ല നമ്മള് മനസ്സമാധാനം എന്ന് പറയണു സമാധാനമുള്ള സ്ഥലത്ത് മനസ്സില്ല മനസ്സുള്ള സ്ഥലത്ത് സമാധാനമില്ല മനസ്സെന്ന് വെച്ചാൽ എന്താ വിചാരങ്ങൾ വിചാരങ്ങളുടെ കൂട്ടം വിചാരങ്ങളെ നീക്കി നോക്കിയാൽ മനസ്സെവിടെ അപ്പൊ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ് ശാന്തി ഞാനാണ് ശാന്തി നിങ്ങൾ ഓരോരുത്തരുമാണ് അത് മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നേടേണ്ടതല്ല നമ്മളുടെ സ്വരൂപം മനസ്സ് വഴിവിട്ട് തന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ട് ആ ശാന്തിയെ നമ്മളുടെ സ്വരൂപത്തിനെ ശാന്തി തന്നെയാണ് ആത്മ ശാന്തോയം ആത്മ ആത്മാവിന്റെ സ്വരൂപമേ ശാന്തിയാണ് ആ ശാന്തി തന്നെയാണ് ഇവിടെ ശിവം എന്ന് ഈ ആറ് ശ്ലോകങ്ങളിലും ശിവം ശിവോഹം എന്ന് പറയുമ്പോ ശിവം എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം ശിവത്തിന്റെ അനുഭവം ശിവം എന്ന് വെച്ചാൽ ശാന്തി മംഗളം നിശ്ചലത ഭാഗവതം ആരംഭിക്കുമ്പോ രണ്ടാമത്തെ ശ്ലോകം എന്താ ധർമ്മ പ്രോജ്ജിത അത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയ ഉന്മൂലനം ഭാഗവതം കേട്ടാൽ ശിവദം ശിവത്തിനെ കൊടുക്കുന്നു ശിവത്തിനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ശിവം ദാതീതി ശിവദം ശിവം എന്ന് വെച്ചാൽ എന്താ ശാന്തി പ്രേമം പ്രിയം ശാന്തിയും പ്രിയവും രണ്ടല്ല പ്രിയം ആ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ് അത് നമ്മളാണ് ഇറ്റ് ഈസ് അവർ റിയൽ നേച്ചർ അപ്പോ അതിനെ കണ്ടെത്താൻ ഉള്ള ആറ് ശ്ലോകങ്ങളാണ് ഈ നിർവാണ ഷഡ്കം നിർവാണം എന്നുവെച്ചാൽ ഇപ്പൊ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ എണ്ണ വറ്റിപ്പോയി തിരികരിഞ്ഞുപോയി വിളക്ക് കെട്ടുപോയാൽ വിളക്ക് നിർവാണമായി എന്ന് അതുപോലെ നമ്മളുടെ ശരീരമാവുന്ന വിളക്കിൽ വാസനയാകുന്ന എണ്ണയുണ്ട് അഹങ്കാരമാവുന്ന തിരിയുണ്ട് സദ്ഗുരു എന്ത് ചെയ്യുന്നു അതിലെ തീ കൊളുത്തി വിടുന്നു നമ്മളിനി അതിൽ എണ്ണയൊഴിക്കുകയോ തിരി തൂണ്ടിക്കൊടുക്കുകയോ പുതിയ തിരിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വയമേവ കെട്ടടങ്ങി എണ്ണ വറ്റി നിൽക്കും അപ്പൊ ഒരു ഗുരു കൃപ ഒരു ജീവനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി എന്താ രാമകൃഷ്ണ പരമംസർ പറയും അധ്യാത്മികമായി ഒരു ജീവൻ പുരോഗമിച്ചു പോകും തോറും ഭഗവാൻ കർമ്മം കുറച്ചു കൊടുക്കും എങ്ങനെ കുറച്ച് കൊടുക്കും എന്താ ഉദാഹരണം എന്നുവെച്ചാൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോ അമ്മായി അമ്മ വധുവിനെ വരുമകളെ മടി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നല്ലവണ്ണം പണിയെടുപ്പിച്ചു നല്ലവണ്ണം പണിയെടുപ്പിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരുമകൾ ഗർഭിണിയായി നടത്തും പ്രഗ്നന്റായി പ്രഗ്നന്റായപ്പോ അമ്മായി അമ്മ തന്നെ വളരെ ജാഗ്രതയായിട്ട് ഇനി കുറച്ചു കുറച്ച് കർമ്മങ്ങൾ കുറച്ചു കൊടുക്കാൻ തുടങ്ങി ഇനി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അരിയാട്ടരുത് കുനിഞ്ഞു പണിയെടുക്കരുത് പലതും ജാഗ്രതയാക്കി നോക്കി അത് മാസങ്ങൾ കൂടി വരുന്തോറും കർമ്മം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു ഒമ്പതാം മാസമായി ആ സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല കുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇനി കുട്ടിയെ നോക്കുന്ന ജോലിയേ ഉള്ളൂ മറ്റൊന്നുമില്ല അതേപോലെ ജ്ഞാനമാവുന്ന ബീജം ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ ഭഗവാൻ ഈ ജീവന് കർമ്മം കുറച്ചു കുറച്ച് കുറച്ച് കൊടുക്കും എന്നാണ് ആ ബീജം ഉള്ളിൽ ജർമിനേറ്റായി ഉള്ളിൽ വളർന്നു വന്ന് അനുഭൂതിയായിട്ട് തീരുമ്പോ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി ആ അനുഭൂതിയെ വെച്ചുകൊണ്ടിരിക്കലേ ഉള്ളൂ ആ അനുഭൂതിയെ ലാളിക്കലേ ഉള്ളൂ അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ ഈ ജീവനിൽ വീണു കഴിഞ്ഞാൽ വാസനകളൊക്കെ വറ്റിപ്പോയി അഹങ്കാരം അടങ്ങി ശുദ്ധമായ പ്രജ്ഞ സ്വസ്വരൂപം പ്രകാശിക്കും ഞാൻ ആരാണ് എന്നുള്ളത് തെളിഞ്ഞു കിട്ടും ഈശ്വരൻ ആരാണെന്നുള്ളത് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ ലോകമെന്താണ് എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാനുണ്ട് എന്റെ ജീവിതം എന്റെ പ്രശ്നം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയാൽ പോലെ എന്റെ ഗുരുവായൂരപ്പ അല്ലെ ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം അപ്പൊ ഈ ഞാനിനെ എന്നെ ആദ്യം കണ്ടുപിടിക്കുക എന്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടുപിടിക്കുക അതാദ്യം നമുക്ക് ചെയ്യാം രമണ മഹർഷിയുടെ അടുത്ത് ഒരു യുക്തിവാ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നു അയാള് മഹർഷിയോട് പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളമാണ് എല്ലാമേ പൊയ് വേദം പാരായണം ചെയ്യുന്നു പൂജ ചെയ്യുന്നു ഇതൊക്കെ പൊയ് ഈശ്വരനും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ ആളുകള് കള്ളം പറയാണ് വാദിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ് അപ്പൊ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു അതെ അതെ നീ പറയണതിനോട് ഞാനും കൂടുന്നു എല്ലാം പോയി എല്ലാം കള്ളമാണ് അദ്ദേഹത്തിന് ആശ്ചര്യം മഹർഷി അല്ല ഈശ്വരനുണ്ട് വിശ്വസിക്കണം ഭജിക്കണം എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത് ഏ എല്ലാം പോയി എല്ലാം കള്ളമാണ് ഞാനും കൂടുന്നു പക്ഷെ ഈ വാദിക്കണ നീ ഉണ്ടല്ലോ അല്ലേ ആ ഞാനുണ്ട് അതുകൊണ്ടാണല്ലോ പറയണതില്ലെന്ന് മതി നീ ആസ്തികൻ ആരും ആസ്തികനെ ഇല്ല അസ്ഥി എന്ന് പറയുന്നവനാണ് ആസ്തികൻ നീ ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ നീ ഉണ്ടല്ലോ ഞാൻ ഉണ്ട് ആ നീ എന്താ എതിർദേന നിഷേധസിദ്ധിഹി ഭാഗവതം പറയുന്നു നിഷേധിക്കാൻ പോലും സാധ്യമല്ല നിഷേധിക്കണമെങ്കിൽ ഉണ്ടാവണമല്ലോ എന്തിനെയാ നിഷേധിക്കണത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളതിനെയൊക്കെ നിഷേധിക്കുന്നത് ഇപ്പൊ ഞാനുണ്ട് അതറിയണോ ശരി ഈ ഞാൻ എന്താണ് കാര്യം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഞാൻ ഉണ്ട് എന്നറിഞ്ഞു ഈ ഞാൻ എന്താണ് ഞാൻ ഈ ശരീരമാണോ ആദ്യമായിട്ടുള്ള വിചാരം അവിടെയാണ് ഈ ദേഹം ഞാനാണോ ദേഹം ഞാൻ ആണെങ്കിൽ എനിക്ക് ശാശ്വതമായി ഇവിടെ സുഖമായിട്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല കാരണം എന്താ നമുക്കറിയാം ഈ ദേഹത്തിന് അത് പല പരിണാമങ്ങൾക്കും വിധേയമാണ് മെലിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ തടിക്കും തടിക്കണമെന്ന് വെച്ചാൽ മെലിയും തല ചുരുള്ളണം വെച്ചാൽ നീളും ഒന്നിലും സ്വാതന്ത്ര്യമില്ല ആത്മജ്ഞാനത്തിന് മൂന്ന് വിഷയം ക്ലിയറാവണം ഒന്ന് ഈ ദേഹം ഞാനല്ല രണ്ട് ഈ ദേഹം എന്റെ അല്ല മൂന്ന് ഈ ദേഹം എനിക്ക് വേണ്ടിയുള്ളതല്ല ഈ മൂന്ന് ബ്രാഞ്ചായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം കുടികൊള്ളണത് ആദ്യം ഈ ദേഹം ഞാനാണ് എന്ന് ബലമായിട്ടുള്ള വിശ്വാസം അതുകൊണ്ട് ഈ ദേഹത്തിനെ പോഷിപ്പിക്കലും ദേഹത്തിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ മുഴുവൻ അന്വേഷിച്ചാൽ കാണാം എല്ലാം ഈ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് നാളെ എന്ത് ചെയ്യും സെക്യൂരിറ്റി പ്രോബ്ലം നമ്മൾ വേണ്ട വിധത്തിൽ പണം സമ്പാദിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആരും നമ്മളെ നോക്കും നാളത്തെക്കുറിച്ചുള്ള വിചാരം വിഷമങ്ങൾ ആരോഗ്യത്തിനെക്കുറിച്ചുള്ള വിചാരം അല്പം ഒന്ന് ചിന്തിച്ചാൽ കാണാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഈ ദേഹം ജനിച്ചത് ഈ ശരീരം ജനിച്ചത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ജീവിക്കാനും പോണില്ല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മരിക്കാനും പോണില്ല പത്ത് വർഷത്തേക്ക് പണം ശേഖരിച്ചു വെച്ചാൽ ചിലപ്പോൾ നാളെ രാവിലെ ആള് പടം പെടും എന്ത് ചെയ്യാൻ പറ്റും വ്യാധി വരരുതെന്ന് എത്ര ജാഗ്രതയായിരുന്നാലും വളരെ അലേർട്ടായിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ വീണ് കയ്യോ കാലോ ഫ്രാക്ചർ ആയാൽ മതി എന്ത് ചെയ്യാൻ പറ്റും ഈ ശരീരം രമണ മഹർഷി ഒരടുത്ത് പറയുന്നു ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത് and what is dancing within you as i i it is another name for liberation shariram ennu paraynadu maranathinte mattoru per aanu ennu cheyal adu janichu divasam mudal maranam thodangi kundu onnum cheyyan sadhyamalla you have no freedom at all ee dehatile aanu ഈ ദേഹത്തിനാണ് ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനും ഏഴര ശനിയും കണ്ടകശനിയും ഒക്കെ ഈ ദേഹത്തിനാണ് ജ്യോത്സ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് പേരും ഇവിടെ തന്നെയുണ്ട് എല്ലാം ഈ ദേഹത്തിനാണ് ജ്യോതിഷം സത്യമാണെങ്കിൽ ഇനിയിപ്പോ ജ്യോതിഷം തന്നെ വേണ്ട ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിത അനുഭവം എടുത്തു നോക്കിയാൽ അറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നുമല്ല ശരീരജീവിതം പോണത് അതൊരു ഒഴുക്കൊഴുകുന്നു അത്രയുള്ളൂ അത് ഏതോ രീതിയിൽ ഒഴുകുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കുന്നു അവസാനം എവിടെയോ പോയി എത്തി എങ്ങനെയോ മരിക്കും യാതൊന്നും പിടിയില്ല ജ്യോതിഷികൾക്കും അറിയാം ജ്യോതിഷം പെർഫെക്റ്റ് സയൻസ് അല്ല അവർക്കും അറിയാം അവർക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല പിടിതരില്ല നമുക്ക് മായയാണത് അപ്പൊ ഈ ദേഹത്തിനാണ് ഈ ജാതകവും മറ്റുമൊക്കെ പഞ്ചഭൂതാത്മകമായ ശരീരം ഫിസിക്കൽ സയൻസ് മുഴുവൻ ഈ ദേഹത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയില് അപരാപ്രകൃതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു മനസ് ഭൂമി വെള്ളം അഗ്നി വായു ആകാശം എന്ന പഞ്ചഭൂതങ്ങളും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന ഉള്ളിലുള്ള ചലനങ്ങളും പുറമേക്കുള്ള പ്രപഞ്ചവും നമ്മളുടെ ഉള്ളിലുള്ള ലോകവും ഉള്ളിലുള്ള ലോകവും എന്താ എന്റെ മനസ്സ് എന്റെ ഉള്ളിൽ വരുന്ന അഹങ്കാരം വിവേചനം ചെയ്യുന്ന ബുദ്ധി ഇതൊക്കെ പുറമേക്കോ ഈ ലോകം ഇതൊക്കെ ഭഗവാന്റെ അപരാപ്രകൃതിയാണ് എട്ട് പ്രകൃതി എട്ടെണ്ണം അഷ്ടത അതാണ് കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ അതിൽ ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത് അതിനകത്ത് ഈ അഷ്ടതാ പ്രകൃതിയിൽ പെടാതെ നിൽക്കുന്ന ഒരു എലമെന്റ് ഉണ്ട് ജീവഭൂതമായ വസ്തു അതിലെ ആശ്രയിച്ചുകൊണ്ട് ഈ അഷ്ടദാപ്രകൃതി നിൽക്കുന്നു എന്നാണ് ഞാൻ ഞാൻ ഞാൻ എന്ന് ഇതിന് പുറകിൽ സ്ഫുരിക്കുന്ന ബോധകണിക പതക്കെ ശ്രദ്ധിച്ചു വന്നാൽ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പൊ ഈ അഷ്ടദാപ്രകൃതി ഇറ്റ് ഈസ് പ്യുവർലി നേച്ചർ നേച്ചർ എന്ന് വെച്ചാൽ എനിക്ക് മഴ പെയ്യുന്നതിൽ വല്ല കൺട്രോളുണ്ടോ വെയിലിന്റെ ചൂട് കുറയ്ക്കുന്നതിൽ വല്ല കൺട്രോളുണ്ടോ തണുപ്പ് കൂട്ടുന്നതിലോ കുറയ്ക്കുന്നതിലോ വല്ല കൺട്രോളുണ്ടോ അതേപോലെ എന്റെ ശരീരത്തിൽ ഏർപ്പെടുന്ന പല ചലനങ്ങളിലും ഒരു ലിമിറ്റഡ് സർക്കിളിൽ നമുക്ക് കൺട്രോൾ ഉള്ള പോലെ തോന്നും ഒരു ഭ്രമമുണ്ട് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ വേറെ ഈസ് ഫ്രീഡം നമുക്ക് സ്വാതന്ത്ര്യം എവിടെ വിധിയാണോ പ്രയത്നമാണോ ആളുകളൊക്കെ ശണ്ടകൂടുന്ന ഒരു കാര്യമാണ് ഡസ്റ്റിനി ആണോ ഫ്രീ വിൽ ആണോ ചില വാദസഭകളൊക്കെ നടക്കും ഇതിന്റെ പേരിൽ ഒരു തീരുമാനത്തിലും അവസാനം മുട്ടയിൽ നിന്നും കോഴി വന്നു കോഴിയിൽ നിന്നും മുട്ട വിത്തിൽ നിന്നും മരമുണ്ടായോ മരത്തിൽ നിന്നും വിത്തുണ്ടായോ എന്നുള്ള ചോദ്യം അവിടെ വന്ന് നിൽക്കും ഉത്തരമേ കണ്ടെത്താൻ പറ്റില്ല കാരണം മായ അതാണ് വിധി ദേഹത്തിനാണ് സ്വാതന്ത്ര്യം എനിക്കാണ് എന്റെ സ്വാതന്ത്ര്യത്തിനെ ശരീരത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ശരീരത്തിന്റെ വിധി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല രണ്ടാളുടെ സ്വഭാവത്തിന് വെച്ചിട്ട് രാമൻ കൃഷ്ണനാണോ കൃഷ്ണൻ രാമനാണോ രാമൻ രാവണനാണോ രാവണൻ രാമനാണോ ചോദിച്ചാൽ എവിടെ തീരുമാനത്തിലെത്തും ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല അതാണ് നമ്മൾ ഈ ചോദ്യമേ തെറ്റാണ് അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത് വിധിയാണോ പ്രയത്നമാണോ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല വിധിയാണ് എവിടെ ദേഹമാണ് ഞാൻ എന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതത്തിനെ സമ്പൂർണ്ണമായും വിധി നിയന്ത്രിക്കും യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ ഏ ഫ്രീ വിൽ ഉണ്ട് ഐ വിൽ വിൻ എന്റെ ജീവിതത്തിന് ഞാൻ ഓ പറഞ്ഞോളൂ ഈ കൈ കുറച്ചു ഉയർത്താൻ പറ്റില്ല എങ്ങനെ കിടക്കും ഐ വില്ലൊക്കെ കൈ ഉയർത്താൻ പറ്റില്ല ആ വില്ലൊക്കെ അവിടെ പോവും ഇതൊരു ഭ്രമമാണ് ശരീരത്തിന്റെ മണ്ഡലത്തിൽ ടോട്ടലി ഡെസ്റ്റിനി ഈസ് ഓപ്പറേറ്റിംഗ് ബിക്കോസ് ബോഡി ഈസ് നോട്ട് യു ബോഡി ഇസ് നോട്ട് യുവേഴ്സ് ബോഡി ഡസ് നോട്ട് ബിലോങ് ടു യു പ്രകൃതി തന്നു പ്രകൃതി അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു പ്രകൃതി അതിനെ കൊണ്ടുപോകും അപ്പൊ എന്തു ചെയ്യാൻ പറ്റും ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭാഗവതം പറയുന്നു നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ് എന്ന് വെച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം അയാൾ തുള്ളാന്ന് വെച്ചാൽ തുള്ളുക രാമകൃഷ്ണ പരമവംസര് വളരെ രസമായിട്ട് പറയും സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോ അവരൊക്കെ സ്വേച്ഛയുള്ളവരാണെന്ന് തോന്നും അടിയിലുള്ള തീ ഓഫ് ചെയ്താൽ പൊസക്കുന്നു പോകും അതുപോലെയാണ് നമ്മളുടെ തുള്ളൽ എന്നാണ് സ്വേച്ഛയുള്ള പോലെയും നമ്മളുടെ കയ്യിലെല്ലാം ഉള്ള പോലെയും ഒക്കെ തോന്നും ശരീരത്തിന്റെ മണ്ഡലത്തില് പക്ഷേ അല്പം ചിന്തിച്ചാൽ നമ്മൾ അഹങ്കാരം കൊണ്ടൊക്കെ ചെയ്യാം എന്തും സാധിക്കും എന്നൊക്കെ പറഞ്ഞാലും കുറെ കഴിയുമ്പോ യു വിൽ ബി അവേക്കൺ ടു ദ ട്രൂത്ത് യു ആർ ലിമിറ്റഡ് ലിമിറ്റേഷൻ ഉണ്ട് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും അജ്ഞാനമാണ് പക്ഷെ തൽക്കാലത്തേക്ക് അത് മനസ്സിലാവും അപ്പൊ ദേഹത്തിന്റെ മണ്ഡലത്തില് ശരീരത്തിന്റെ മണ്ഡലത്തില് പ്രകൃതിയുടെ ആണ് ബോഡി നമുക്ക് ഇപ്പൊ തന്നെ എത്ര വലിയ ഡോക്ടേഴ്സ് ആവട്ടെ അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ ദേഹത്തിനെ ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല എന്നാണ് വലിയ പിടിയൊന്നുമില്ല ഇറ്റ് ഈസ് ഇൻസ്ക്രൂട്ടബിൾ ഇടെ തിരുവനന്തപുരത്ത് പറഞ്ഞു അയാൾ ഡോക്ടറെടുത്ത് പോയി അത്രേ കുറെ ആയി ഡോക്ടർ ഇങ്ങനെ മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു മൂന്ന് ദിവസമായി മൂന്ന് മാസമായി നാലു മാസമായി വർഷങ്ങളായി എന്നിട്ടും മാറണില്ല ഡോക്ടറെടുത്ത് ഒരു ദിവസം ചോദിച്ചു എന്താ ഡോക്ടറെ ഈ സൂക്കേട് മാറുന്നില്ല റിപ്പോടാ പോടാ എനിക്കും അതേ സൂക്കേടാണ് ഞാനെപ്പോയി കഴിക്കും മരുന്ന് എനിക്കും അതേ സൂക്കടാ എന്ത് ചെയ്യാൻ പറ്റും ലിമിറ്റഡ് പരിചിഹ്നമാണ് ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത് പ്രകൃതിയുടെ ആണ് ഏഴാമത്തെ അധ്യായത്തിന് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് പേര് അതിന് സാധാരണ ട്രാൻസ്ലേഷൻ നോളേജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളേജ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത് ജ്ഞാനം എന്നുവെച്ചാൽ വെറും ബുദ്ധിയുടെ ജ്ഞാനം വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവജ്ഞാനം പക്ഷെ അങ്ങനെയൊന്നും ഫാർഫെച്ച് മീനിങ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ഭഗവാൻ വ്യാഖ്യാനിച്ചു ജ്ഞാനം എന്താണ് വിജ്ഞാനം എന്താണ് ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന അപരാപ്രകൃതിക്ക് പേരാണ് ജ്ഞാനം അതായത് ദാറ്റ് വിച്ച് ഈസ് നോൺ അതായത് അത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ് നമ്മളുടെ അറിവുകളൊക്കെ അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സംതൃപ്തി വരുമോ ഗുരുത്വാകർഷണ ശക്തി നമ്മളെ ചുവട്ടിലേക്ക് വലിക്കുന്നു എന്നറിഞ്ഞു ആ അറിവുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായോ ആറ്റംസ് മോളിക്കൂൾസൊക്കെ നമ്മൾ അറിഞ്ഞു അറിഞ്ഞതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു തൃപ്തിയോ ശാന്തിയോ it does not affect the real person adana adine jnanam ennu peru verum jnanam ee jnanam aavashyathil adhigam koodiyal ad athyadhigam namale dukkippikum verum jnanam jnaneshwaram amrtha anubhavam enna dehathinte kruthiyil jnanam bandaha ennoru shiva soothrathil nedu uttarishye ജ്ഞാനം ബന്ധമാണെന്ന് എന്ന് വെച്ചാൽ ജ്ഞാനം എന്ന് വെച്ചാൽ പുറമേക്കുള്ള അറിവ് അപ്പൊ വിജ്ഞാനം എന്താണ് വിജ്ഞാനം ഇതിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് സ്വയമേവ താൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് വിജ്ഞാനം ജ്ഞാനം എന്നുവെച്ചാൽ അറിയപ്പെടുന്നത് ജ്ഞാനം വിജ്ഞാനം എന്ന് വെച്ചാൽ അറിയുന്നവൻ വിജ്ഞാനം ഇത് ഭഗവാൻ ആദ്യമേ ആ അധ്യായത്തിന് പറഞ്ഞു ഈ അഷ്ടതാപ്രകൃതി ജ്ഞാനം പരാപ്രകൃതി വിജ്ഞാനം പരാപ്രകൃതി ഇതിന് പുറകിൽ ദൈവചെയ്തി ഇത് മനസ്സിലായില്ല എന്ന് വിഷമിക്കുകയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക വേണ്ട ഞാൻ പറയണു മാത്രമേ ഉള്ളൂ എവിടെങ്കിലും അതിന്റെ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി നിങ്ങൾ മനസ്സിലാക്കുക വേണ്ട നമ്മള് പുറമേക്ക് കാണുന്ന ഈ പ്രപഞ്ചം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമടം ആനന്ദമെന്തു ഹരി നാരായണായ നമ ഈ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ് അതിനു പുറകിൽ മനസ്സാകുന്ന കണ്ണ് അതിനു പുറകിൽ മനസ്സിനെ കാണുന്ന ഒരു കണ്ണുണ്ട് സ്വപ്നത്തിൽ അനേക ദൃശ്യങ്ങൾ ഉണ്ടാവുന്നു അതിനെയൊക്കെ ആരോ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു സാക്ഷി സ്വപ്നവും കഴിഞ്ഞ് സുഖമായി ഉറങ്ങിയപ്പോൾ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ട് എല്ലാറ്റിനും കണ്ണായിരിക്കുന്ന താൻ ഞാൻ ആ താൻ ആത്മാവാണ് അത് ബോധവസ്തു ശിവം ആ ബോധം ആണ് ഇവിടെ ജീവഭൂതാം എന്ന് ഭഗവാൻ പറഞ്ഞു ആ ബോധത്തിന് പേരാണ് വിജ്ഞാനം അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ജ്ഞാനം ഞാൻ വിജ്ഞാനം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ ഒഴിച്ചുള്ളതൊക്കെ ജ്ഞാനമാണ് നിങ്ങൾ വിജ്ഞാനമാണ് ഒന്നുകൂടെ തെളിച്ചു പറയാം നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നു പക്ഷെ ഞാനിപ്പോ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റുപോയാൽ എനിക്കറിയില്ല നിങ്ങളുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ വർത്തമാനം പറയണം ഓ അപ്പൊ ഇന്ന ആളുണ്ട് അല്ലെങ്കിൽ തൊട്ടു നോക്കണം ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് വേണം നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ അപ്പൊ ഒരു ഇന്റർമീഡിയേഷൻ ഇല്ലാതെ അറിയാൻ പറ്റാത്തതൊക്കെ ജ്ഞാനമാണ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് നോളജ് വിഷയജ്ഞാനം അപ്പൊ പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് നോക്കണോ കണ്ണു തുറന്നു നോക്കിയിട്ട് ഞാനുണ്ട് എന്നറിയോ ഒരാള് ഒരു സത്രത്തിൽ പോയി കിടന്നു മൂന്നു നാല് പേര് ഒന്നിച്ച് ഡോർമിറ്ററി പോലെ കിടക്കുകയാണ് അപ്പൊ ഇയാള് കിടക്കുമ്പോ പാൻറ് സൂട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കുക അത്രേം അപ്പൊ അയാളുടെ അടുത്ത് കിടക്കണ ആള് എന്തിനാ ഇങ്ങനെ കിടക്കണ അത്ര അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ നാലഞ്ചു പേര് കിടക്കുന്നു രാവിലെ എണീറ്റ ഞാൻ ആരാണെന്ന് എങ്ങനെ അറിയും കൺഫ്യൂഷൻ ആവില്ലേ അപ്പൊ എന്നെ അറിയാൻ വേണ്ടിയിട്ട് ആ ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കണം അങ്ങനെ കൺഫ്യൂഷൻ വരുമോ നമുക്ക് എപ്പോഴെങ്കിലും ഹൗ യു റെക്കഗ്നൈസ് യുവർ സെൽഫ് ബിക്കോസ് ഐ ആം ഞാനുണ്ട് എനിക്കറിയാം അല്ലേ അതിന് നോക്കിയിട്ട് കണ്ടുപിടിക്കണ്ട നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല സ്വയം ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ അനുഭവമാണ് എങ്ങനെ അറിഞ്ഞു മട്ടാഞ്ചേരിയിൽ വെച്ചാൽ ഇത് കുട്ടികളുടെ ഇടയിൽ ഒരിക്കലെ ചോദിച്ചു എങ്ങനെ അറിഞ്ഞു ഞാൻ ഉണ്ട് ഒരു കുട്ടി ഒപ്പത്തന്നെ പറഞ്ഞു ഇറ്റ് മൈ എക്സ്പീരിയൻസ് ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് അതാണ് വാക്ക് എക്സ്പീരിയൻസ് എന്ന് പറയണത് ണ്ട് എന്നുള്ള അനുഭവത്തിൽ മാത്രമേ യോജിക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ പെർസെപ്ഷനാണ് നിങ്ങളുടെ മുമ്പിൽ സാക്ഷാത് ഭഗവാൻ മുമ്പിൽ വന്ന് ശൂലം പിടിച്ചുകൊണ്ടോ ശംഖചക്ര കഥാപാണിയായിട്ട് നിന്നാൽ പോലും ഇറ്റ് ഇസ് പെർസെപ്ഷൻ ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ് കണ്ണുകൊണ്ടാണ് കാണുന്നത് കണ്ണു പറ്റിക്കും മാത്രമല്ല ഈ വന്നത് പോകും സ്വപ്നത്തിൽ എനിക്ക് എന്തോ ദർശനം കിട്ടിയാൽ അതും പെർസെപ്ഷനാണ് വരുന്നു പോകുന്നു പക്ഷേ ഈ കാണുന്നവൻ അതാണ് വസുദേവർക്ക് കൃഷ്ണൻ മുമ്പിൽ വന്ന ഉടനെ സാക്ഷാത്കാരമുണ്ടായി കുറച്ചു നേരത്തേക്ക് കുറച്ചു നേരത്തേക്ക് അപ്പൊ വസുദേവർ പറയുന്നു ഭാഗവതത്തിൽ ആത്മനഹ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വ്യതിരേകത അബുധ എന്നാണ് ആരാണോ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചമുണ്ട് എന്ന് പറയണത് അവൻ വിഡ്ഢിയാണെന്നാണ് താനില്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിനെ ആര് കാണും അതുകൊണ്ട് കൃഷ്ണ ഈ മുമ്പിൽ നിൽക്കുന്ന രൂപം ഞാനാകുന്ന അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്നതാണ് ഇത് വരും പോകും യഥാർത്ഥ കൃഷ്ണൻ എന്റെ പുറകിൽ എന്റെ ഉള്ളിൽ ഈ മുമ്പിൽ ജനിച്ച കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കണോ വിധിതോസി ഭവാൻ സാക്ഷാത്ത് പുരുഷ പ്രകൃതേ പര കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് കേവല അനുഭവാനന്ദം എന്ന് വെച്ചാൽ പ്യുവർ ഇന്റഗ്രൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് പ്രയോഗിക്കാവുന്നത് ഞാൻ എന്നുള്ള അനുഭവത്തിൽ മാത്രമാണ് ശരീരത്തിൽ പോലും പ്രയോഗിക്കാൻ പറ്റില്ല നോക്കണം നിങ്ങളെ മാത്രമല്ല ഞാൻ പെർസെപ്ഷൻ എന്ന് പറയും എന്റെ ദേഹം തന്നെ എനിക്ക് അനുഭവമല്ല എന്റെ തന്നെ ശരീരം എനിക്ക് അനുഭവമല്ല പെർസെപ്ഷനാണ് ഒരാൾക്ക് ൂട്ടേറ്റ് ചെയ്തെടുത്തു കാല് മുറിച്ച് കളഞ്ഞിട്ട് ഒരു സൂക്കേട് വരും അത്ര എന്താ സൂക്കേടിന് പേരെന്ന് വെച്ച ഫാന്റം ലിമ്പ് എന്ന് പറയും അതായത് കാലില്ലാത്ത സ്ഥാനം ഇവിടെ കാലില്ല മുട്ടിന് ചുവട്ടല്ലേ ചൊറിയൂ കാലില്ല പക്ഷെ ചൊറിയും ചൊറിയാൻ പറ്റുമോ കാലില്ലല്ലോ എങ്ങനെ ചൊറിയും ബ്രെയിനിന് ഈ കാലിവിടുന്ന് പോയി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഇനിയും കിട്ടിയിട്ടേ അതുകൊണ്ട് കാൽ ഇല്ല എന്നുള്ളത് ബ്രെയിനിന് അറിയില്ല ചൊറിയാനും പറ്റാത്തത് കൊണ്ട് മരുന്ന് കഴിക്കണം അങ്ങനെയൊരു സുഖക്കേട് ചൊറിയാനും പറ്റില്ലല്ലോ അപ്പൊ മരുന്ന് കഴിക്കണം ആ ചൊറിച്ചില് മാറാനായിട്ട് അങ്ങനെ ഒരു സുഖക്കേട് ഇതെന്തുകൊണ്ട് വന്നു എന്റെ എക്സ്പീരിയൻസിലില്ല സെൻസേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നതാണ് എന്നുവെച്ചാൽ ദേഹം തന്നെ ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലില്ല അഭിമാനത്തിലേ ഉള്ളൂ ഇന്ദ്രിയം കൊണ്ട് നോക്കണം സെൻസേഷൻ കൊണ്ടാണ് ശരീരത്തിനെ നമ്മൾ അറിയണത് ചിലപ്പോ കാല് മരത്തുപോയാൽ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല സെൻസേഷനാണ് നമ്മൾ പിടിച്ചു നോക്കിയിട്ട് പിടിച്ചമർത്തിയിട്ട് വേണം അതില് സെൻസേഷൻ ഉണ്ടാക്കാൻ അപ്പൊ ദേഹം സെൻസേഷനാണ് ദേഹബോധം നമുക്കില്ല ദേഹ അഭിമാനമേ ഉള്ളൂ ദേഹബോധം ഉണ്ടാവാനേ പറ്റില്ല ബോധം ദേഹത്തിനുണ്ടാവില്ല ദേഹത്തിന് ബോധമില്ല ആത്മാവിന് ദേഹവുമായിട്ട് സമ്പർക്കവുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോള മരണത്തിനെ ഭയപ്പെടുകയേ കാരണം എന്താന്ന് വെച്ചാൽ മരിക്കുമ്പോൾ അറിയേയില്ല നമ്മള് നോക്കിക്കൊണ്ടിരുന്നാലേ അറിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല ചിലപ്പോ കർച്ചീഫപ്പോ പാക്കറ്റൊന്ന് ഇടുപ്പിൽ വെച്ച് കർച്ചീഫ് വീണാ അറിയില്ലല്ലോ അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ് അതാണ് ഭഗവാൻ ഗീതയിലും പറയുന്നത് കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല അതുപോലെ തന്നെ ഹേ അർജുന മരണം വരുന്നതും തനിക്ക് അറിയില്ല നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും ആലോചിച്ച് പേടിക്കാതിരിക്കും